യഹോവിക്ക് സ്തോത്രം ചെയ്യുവീൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയാധി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ അവന്റെ ദയാ എന്നേക്കുമുള്ളത് കർത്താധികർത്താവിന് സ്തോത്രം ചെയ്യുവീൻ അവന്റെ ദയാ എന്നുള്ളത് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയാളത് ജ്ഞാനത്തോടെ ആകാശത്തെ ഉണ്ടാക്കിയവന് അവന്റെ ദയാക്കുമുള്ളത് ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവന്റെ ദയാക്കുമുള്ളത് വലിയ വെളിച്ചങ്ങളെ അവന്റെ ദയ എന്നീക്കുമുള്ളത് പകൽ വാഴുവാൻ സൂര്യനെയും അവന്റെ ദയ എന്നീക്കുമുള്ളത് രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവന്റെ ദയാസ്രീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന് അവന്റെ ദയാക്കുമുള്ളത് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രയേലിനെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയാക്കുമുള്ളത് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം തന്നെ അവന്റെ ദയ എന്നീക്കുമുള്ളത് ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നീക്കുമുള്ളത് അതിന്റെ നടുവിൽ കൂടി ഇസ്രയേലിനെ കടത്തിയവന് അവന്റെ ദയാറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവന്റെ ദയാക്കുമുള്ളത് തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവന്റെ ദയാക്കുമുള്ളത് മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവന്റെ ദയാീക്കുമുള്ളത് ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന് അവന്റെ ദയാക്കുമുള്ളത് അമോര്യരുടെ രാജാവായ സിഹോനെയും അവന്റെ ദയാക്കുമുള്ളത് ബാഷാൻ രാജാവായ ഓഗിനെയും അവന്റെ ദയാക്കുമുള്ളത് അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു അവന്റെ ദയാക്കുമുള്ളത് തന്റെ ദാസനായ ഇസ്രയേലിന് അവകാശമായി തന്നെ അവന്റെ ദയാ എന്നേക്കുമുള്ളത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയാക്കുമുള്ളത് നമ്മുടെ വൈദ്യുകളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവന്റെ ദയാക്കുമുള്ളത് സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവന്റെ ദയാ എന്നേക്കുമുള്ളത് സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്വീൻ അവന്റെ ദയാ എന്നേക്കുമുള്ളത്